സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇവനാണെൻറെ രക്ഷിതാവ് ഇതാണേറ്റവും വലിയവൻ അത് അസ്തമിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്റെ ജനതയെ നിങ്ങൾ പങ്കുചേർക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ മുക്തനാണ്